തസ്മ ദൈവം വ്യാഖ്യയം അതുകൊണ്ട് തസ്മ ദേവം ഇപ്രകാരം വ്യാഖ്യയം വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ത് നിത്യാനിത്യ വസ്തുവേദം എന്ന് പറയുന്നത് അതിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണെന്നാണ് പാമതികാരൻ പറയുന്നത് എന്നിട്ട് വ്യാഖ്യാനിക്കുന്നു എന്താണ് നിത്യ അനിത്യോർ വസതി നിത്യാനിത്യവസ്തു നിത്യാനുവിന്റെ അർത്ഥം പറയാണ് നിത്യ അനിത്യോർ വസതി നിത്യത്തിലും അനിത്യത്തിലും വസിക്കുന്നത് അങ്ങനെ നിത്യാനിത്യ വസ്തു വസ്തുവെന്ന് വെച്ചാ വസിക്കുന്നത് ഇരിക്കുന്നത് അപ്പൊ നിത്യാനത്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യത്തിലും അനിത്യത്തിലും ഇരിക്കുന്നത് എന്തോ അതാണ് നിത്യാനിത്യ വസ്തു എന്ന് പറഞ്ഞാ എന്താ അത് തദ്ധർമ്മ തദ്ധർമ്മച്ച തയോഹോധർമ്മം നിത്യത്തിലിരിക്കുന്നത് നിത്യത്തിന്റെ ധർമ്മം ആനിത്യത്തിലിരിക്കുന്നത് അനിത്യത്തിന്റെ ധർമ്മം ഇപ്പം നിത്യാനിത്യ വസ്തുവെന്ന് പറഞ്ഞാൽ നിത്യത്തിലിരിക്കുന്ന ധർമ്മവും അനിത്യത്തിലിരിക്കുന്ന ധർമ്മവും എന്നാണ് ഭാവനകാലം ലഭിക്കുന്നത് നിത്യാനിത്യ വസ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വസ്തുന്ന് വെച്ചാൽ ധർമ്മം നിത്യത്തിലിരിക്കുന്ന ധർമ്മം അനിത്യത്തിലിരിക്കുന്ന ധർമ്മം എന്നാണ് അർത്ഥം പറയുന്നത് അത് ഏതുപോലെ എന്ന് വെച്ചാ മനുഷ്യന് മനുഷ്യത്വം ഇരിക്കുന്ന നിത്യത്വം ധർമ്മം എന്ന് പറയുന്നത്വം കൂടെ ചേർത്താ ധർമ്മം കിട്ടും സസ്യഭാവകരണം അത് വച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാനിക്കുന്നത് മനുഷ്യനും മനുഷ്യത്വം ഇരിക്കുന്നു മനുഷ്യനിലിരിക്കുന്ന ഒരു ധർമ്മമാണെന്താ മനുഷ്യത്വം ഒരു സവിശേഷത ഒരു പ്രത്യേകത ഒരടയാളം എന്നൊക്കെ പറയും അതുപോലെ നിത്യത്തിലിരിക്കുന്ന ഒരു ധർമ്മമാണ് നിത്യത്വം ആനിത്യത്തിലിരിക്കുന്ന ധർമ്മമാണ് നിത്യത്വം എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ വിവേകം ആണ് പറയുന്നത് നിത്യ അനിത്യോർ വസതി നിത്യാനിത്യ വസ്തു തദ്ധർമ്മ ആ വസ്തുവിന്റെ അർത്ഥമാണ് പറയുന്ന അവയുടെ ധർമ്മം നിത്യ അനിത്യോഹോ ധർമ്മിണോഹോ തദ്ധർമാണ വിവേകം ഇനി നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മി ധർമ്മവിവേകം ധർമ്മിധർമ്മ വിവേകം എന്ന് പറഞ്ഞാൽ മേശ മേശപ്പെടുത്ത് പുസ്തകം ഇരിക്കുകയാണെങ്കിൽ പുസ്തകത്തെ ധർമ്മം എന്ന് പറയാം ഉദാഹരണമായിട്ട് മേശയെ ധർമ്മി എന്നു പറയാം പുസ്തകത്തിൽ മേശയിൽ നിന്ന് കഴിഞ്ഞാൽ പുസ്തകത്തെ ധർമ്മം എന്ന് വിളിക്കാം അപ്പോ ധർമ്മിയും ധർമ്മത്തെയും വേളതിരിച്ചറിയുക മേശയാകുന്ന ധർമ്മിയെയും മേശയിലിരിക്കുന്ന ധർമ്മമാകുന്ന പുസ്തകത്തെയും വേർതിരിച്ചറിയുക ഇതിനാണ് ധർമ്മധർമ്മി വിവേകമെന്ന് പറയുന്നത് അത് മനസ്സിലായതും മനസ്സിലാവും പുസ്തകവും മേശയും പറയുന്നിടത്ത് ധർമ്മി എന്താണ് ാണ് അപ്പം ധർമ്മധർമ്മിവിവേകമെന്ന് പറഞ്ഞെന്താണ് പുസ്തകത്തി മേശ അതുപോലെ ഇവിടെ നിത്യവസ്തുവുണ്ട് അനിത്യവസ്തുവുണ്ട് നിത്യവസ്തു ആത്മാവ് അനിത്യവസ്തു ആത്മാവ് സർവവും അനിത്യവസ്തു ഈ നിത്യവസ്തുവായ ആത്മാവിന്റെ ധർമ്മി എന്ന് പറയും ആത്മാവ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ അനിത്യവസ്തുക്കൾ അതും ധർമ്മിയാണ് ഇവിടെ രണ്ട് ധർമ്മികളുണ്ട് ഈ ധർമ്മികളിലെല്ലാം ധർമ്മവും ഉണ്ട് നിത്യവസ്തുക്കളിലെല്ലായിരിക്കുന്ന ധർമ്മം എന്താണ് നിത്യത്വം അനിത്യവസ്തുക്കളിലെല്ലായിരിക്കുന്ന ധർമ്മം എന്താണ് അനിത്യത്വം അപ്പൊ ഈ ധർമ്മ െയും ധർമ്മത്തെയും വേർതിരിച്ചറിയുക എന്നുവെച്ചാൽ എന്താണ് ഇതിലും നിത്യത്വമുണ്ട് അതുകൊണ്ട് നിത്യമാണോ ഇതിലനിത്യത്വം ഉണ്ട് അതുകൊണ്ട് അത് ഇങ്ങനെ വേർതിരിച്ചറിയുക ഇതാണ് ഭാവധികാരം വ്യാഖ്യാനിക്കുന്നത് കൂടെ പറയുന്നത് നിത്യാനിത്യോഹോ ധർമ്മിണോഹോ നിത്യവും അനിത്യവും ധർമ്മികളാണ് ധർമ്മികൾ നിത്യമായ ആത്മാവ് ഒരു ധർമ്മിയാണ് ആത്മഭിന്നങ്ങളായിരിക്കുന്ന സർവതും മറ്റൊരു ധർമ്മിയാണ് പിന്നെ തദ്ധർമ്മ അവയുടെ ധർമ്മം നിത്യത്തിൽ ഇരിക്കുന്ന നിത്യത്വധർമ്മം അനിത്യങ്ങളിലിരിക്കുന്ന അനിത്യത്വധർമ്മം അവയുടെ വിവേകം നേരത്തെ പറഞ്ഞ ഉദാഹരണമനുസരിച്ച് മേശയും പുസ്തകത്തെയും വേർതിരിച്ചറിയുക അതുപോലെ നിത്യമായിരിക്കുന്ന ധർമ്മി ആത്മാവിനെയും അതിലിരിക്കുന്ന നിത്യത്വധർമ്മത്തെയും വേദിച്ചറിയുക അനിത്യങ്ങളായിരിക്കുന്ന വസ്തുക്കളും അതിലിരിക്കുന്ന അനിത്യത്വധർമ്മങ്ങളെയും വേദിച്ചെറിയുക അതാണ് പറയുന്നത് നിത്യാനിത്യോഹോ ധർമ്മണോഹോ നിത്യാനിത്യ ധർമ്മങ്ങളെയും തദ്ധർമാണു ചവയുടെധർ വിവേക ഉപകരിച്ചറിയുക അതാണ് നിത്യാനിത്യ വസ്തുവിവേക ഏത് നൃത്തം ഭവതി എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെച്ചത് എന്താണെന്ന് ഭാവതികാരനും മനസ്സിലായി ശരിക്കും പറയാണ്ട് പുള്ളിക്കാരൻ പറയണേ ഈ പറഞ്ഞത് ഇതാണ് ഒന്നുകൂടെ പറയണം ഏതത് ഉക്തംബോധം ഈ പറഞ്ഞ ഇതാണ് പറഞ്ഞേക്ക് പിന്നെ വീണ്ടും എന്തിനാണ് പറയുന്നു ഇതിനാണ് പറയുന്നത് അതിവ്യാഖ്യാനം കൊണ്ട് ഒഴിഞ്ഞു പോകുന്നു കേട്ടിട്ടുണ്ട് ആരാ പറഞ്ഞിരിക്കുന്നു ഒരു അതിവ്യാഖ്യാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരതി വ്യാഖ്യാനം വെച്ചത് എന്നുള്ളത് മുമ്പോട്ട് വരുമ്പോൾ ഈ പറയുന്നതിന് എന്താ വിശേഷിച്ച കാര്യങ്ങളൊന്നുമില്ല നിത്യത്തിൽ നിത്യത്വം അനിത്യത്തെ അനിത്യത്വം ഇരിക്കുന്നു ഇതിന് വേർതിരിച്ച് എന്ന് പറഞ്ഞു വളഞ്ഞ് കൂട്ടിയ ഒരു പ്രക്രിയ അതുകൊണ്ട് ഒന്നുകൂടെ വിശദീകരിക്കണം ഏത് ദുഃഖം ഭൗതി ഈ പുള്ളിക്കന്നെ മനസ്സിലായി എഴുതിയതെന്തോ പ്രശ്നമുണ്ട് നിത്യ ധർമ്മവിശേഷയോർ വിവേകരിക്കരുത് ഇത് നിത്യമാണ് അതുകൊണ്ട് അൃതമാണ് സത്യമാണ് ഇത് അനിത്യമാണ് അതുകൊണ്ട് അസത്യമാണ് അങ്ങനെ ഒരു വിവേകമല്ല ഞാൻ പറയുന്ന ഒന്നാണ് ആത്മാവ് നിത്യമാണ് അതുകൊണ്ട് സത്യമാണ് അനാത്മാവ് അനിത്യമാണ് അതുകൊണ്ട് അസത്യമാണ് അങ്ങനെ ഒരു വിവേകമല്ല ഞാൻ ഈ പറയുന്നു മനസ്സിലായോ ഭാഷകാരൻ എങ്ങനെയാ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറയുന്നതെന്നാണ് പറയുന്നത് മാഭൂതം എന്ന് വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെയല്ല ഇതം തത് അതം നിത്യം ഏതാണോ ഏതം സത്യമായിരിക്കുന്ന അതാണ് നിത്യം എന്ന് വെച്ചാൽ ആത്മാവ് ഇതം തത് അന ഏതാണോ അസത്യമായിരിക്കുന്നത് അത് അനിത്യം ഇത് ധർമ്മി വിശേഷയോഹോ ആത്മാവ് അനാത്മാവ് ധർമ്മികളെ വിവേചിച്ചറിയണമെന്നല്ല ഞാൻ പറയുന്നു പിന്നെയോ ത്രയോഹോ നിത്യാനിത്യോഹോ തദ്ധർമ്മയോ സ്റ്റവിവേകം ധർമ്മികളെയും ധർമ്മത്തെയും വേർതിരിച്ചറിയുക എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേശയെയും പുസ്തകത്തെയും ധർമ്മി എന്ന് പറയുന്നത് ആത്മാവും അനാത്മാവും ധർമ്മവും പറയുന്നത് നിത്യത്വവും അനിത്യത്വം ഇങ്ങനെ വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന് എന്തെങ്കിലും മനസിലായോ ധർമ്മികളെയും ധർമ്മങ്ങളെയും വരുതിച്ചെറിയ ആത്മാവ് ധർമ്മിയാണ് ആത്മഭിന്നായിട്ടുള്ളതും ധർമ്മിയാണ് ആത്മാവിലിരിക്കുന്ന നിത്യത്വം മറ്റിരിക്കുന്ന അനിത്യത്വം അപ്പൊ ഈ ധർമ്മികളെയും അവയിലധർമ്മങ്ങളെയും വരുതിച്ചറിയങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കാറുള്ള പ്പോ ഇവിടെ ഭികാരം ഒഴിവാക്കിയെന്താണ് പാവധികാരം പറയുന്നത് അതെ ആത്മാവ് നിത്യമാണ് ഏത്മാവ് അനിത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാനൊന്നുമില്ല വിചാരത്തിന്റെ ആവശ്യമില്ലാതെ വരും എന്നാണ് ഇതിൻ്റെ ഒരു ദോഷം പറയുന്നത് ഞാൻ പറയുന്നതനുസരിച്ച് അങ്ങനല്ല ആത്മാവ് നിത്യമാണ് എന്നും അനാത്മാവ് അനിത്യമാണ് എന്നും അറിയാന്നല്ല ഞാൻ പറയും ഞാൻ പറയുന്നത് ആത്മാവിൽ ഒരു നിത്യത്വമുണ്ട് ആ നിത്യത്വം ധർമ്മമാണെന്നും ആത്മാവ് ധർമ്മിയാണെന്നും അറിയുന്നു മനസ്സിലായ ആത്മ ഭിന്നമായതിനെല്ലാം എല്ലാം അനിത്യമാണ് അതിലെന്തുണ്ടൊരു അനിത്യത്വമുണ്ട് അപ്പോ അനിത്യ നിത്യവിത്തെയും അതിലിരിക്കുന്ന അനിത്യത്തെയും എഴുതി ചെറിയ ഇതാണ് ഞാൻ പറയുന്നത് പക്ഷികാരം പറ അപ്പോ നിത്യവും അനിത്യവും വേദിച്ചെറിയുകയല്ല നിത്യവും നിത്യത്വവും അനിത്യവും അനിത്യത്വവും വേദിച്ചെറിയുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു ദോഷം വരത്തില്ല ഏത് നിത്യത്തെയോ അനിത്യത്തെയോ അറിഞ്ഞ് അതുകൊണ്ട് ഇനി അറിയാനൊന്നുമില്ല എന്നൊരു ദോഷം വരത്തില്ല നിത്യത്തെയും അനിത്യത്തെയും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നുമില്ല ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞു പിന്നെ വിചാരം വേണ്ട ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നിത്യത്തെയും നിത്യത്തിലിരിക്കുന്ന ധർമ്മത്തെയും വേർതിരിച്ചറിയുക വേർതിരിച്ചറിയുന്ന പറയുന്ന നിത്യ അനിത്യങ്ങളെ അല്ല നിത്യവും നിത്യധർമ്മവും അനിത്യവും അനിത്യധർമ്മവും ബുദ്ധി പണ്ഡിതന്മാരുടെ ബുദ്ധി ഇങ്ങനെയുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും വിശേഷതയുണ്ടോ ഉണ്ടോ വർദ്ധിച്ചൊരു കാര്യമില്ല കാർക്കിക ബുദ്ധിയുണ്ട് ഒന്നും ഭാഷകാരണം മനസ്സിലായില്ല അല്ലെങ്കിൽ മറ്റെന്തോ ധരിച്ചു അതെന്താണ് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം മനസ്സിലാക്കിത്തരാം അവർ പറയുന്നു ധർമ്മി മാത്രയോഹോ നിത്യ അനിത്യോഹോ തദ്ധർമ്മയോഗ വിവേകം നിശ്ചലോത്യവും അത് നിശ്ചയിക്കും അപ്പൊ നിത്യത്തെയും അനിത്യത്തെയും നിശ്ചയിച്ചില്ല നിത്യവും നിത്യധർമ്മവും അനിത്യവും അനിത്യധർമ്മവും നിശ്ചയിച്ചു ഇത്രയേ ഉള്ളൂ മനസിലാക്ക അപ്പ നിശ്ചയം എന്ന് പറയുന്നത് നിത്യം അനിത്യം ഇത് തമ്മിലല്ല നിത്യവും നിത്യധർമ്മവും അനിത്യവും അപ്പം ഇനി വിചാരം ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് നിത്യവേദന അനിത്യവേദെന്നും അറിയാൻ വേണ്ടിട്ട് ഇവിടെ ധർമ്മധർമ്മികളിലല്ലേ വിവേകം നടന്നുള്ളൂ രണ്ടിടത്തോളം നിത്യം ധർമ്മിയാണ് നിത്യത്വം ധർമ്മമാണ് അനിത്യം ധർമ്മിയാണ് അനിത്യത്വം ധർമ്മമാണ് അപ്പൊ ഇത്തിരി ഇങ്ങനെ വിചാരം ഇതിന് രണ്ടിലും ഇങ്ങനെ വേറെ തിരിച്ചറി ഇത് അറി ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു ഒരു കസർത്ത് പ്രത്യേകിച്ച് കഴമ്പെന്ന് പറയുന്നു പക്ഷെ മറ്റത് ഒഴിവാക്കി എന്താണ് നിത്യവും അനിത്യവും വേറെ തിരിച്ചറിഞ്ഞു ഇനി അറിയാനൊന്നുമില്ല വിചാരം വേണ്ട ആ ദോഷം ഒഴിവാക്കി ഇതാണ് ഭാമധികാരം പറഞ്ഞു ഒന്നുകൂടെ ചെയ്തിരിക്കുന്നു നിത്യത്വം സത്യത്വം നിത്യം സത്യം അപ്പൊ ഇതിന്റെ ഗുണം പറയാണ് നിത്യത്വം എവിടെയുണ്ടോ അത് നിത്യം അങ്ങനെ അറിയുന്നു എന്തായാലും നിത്യത്വം എവിടെയിരിക്കുന്നു അത് നിത്യം അപ്പം നിത്യത്വം എവിടെയിരിക്കുന്നത് ആത്മാവിൽ അപ്പൊ അത് നിത്യമാണ് നിത്യത്വം സത്യത്വം തദ്വ്യാസ്യം അത് ഏതിനാണോ ഉള്ളത് നിത്യത്വം എന്ന് പറഞ്ഞം പറഞ്ഞ എന്താണ് സത്യത്വം അതെവിടെയാണുള്ളത് തദ്ത്യം സത്യം നിത്യവും സത്യവുമാണ് സാധാരണം ബ്രഹ്മത്തെ കുറിച്ച് പറയാ ഇപ്പൊ പറയാറില്ലേ നിത്യവുമാണ് സത്യവുമാണ് മനസ്സിലാകും തഥാച ആസ്ഥാഗോചര അപ്പൊ എന്ത് വരുന്നു അത് ഒരാൾക്ക് അയാളുടെ താല്പര്യത്തിന് ആസ്ഥ വിശ്വാസം താല്പര്യം അതിനകത്ത് വിഷയമാകും നിത്യം ശ്രദ്ധയ്ക്ക് വിഷയമാകും ശ്രദ്ധ നിത്യമായാലൊരാൾക്ക് ശ്രദ്ധയുണ്ടാവും എന്നുവെച്ചാൽ ആത്മാവിനൊരാൾക്ക് താല്പര്യം ഉണ്ടാകും എന്തുകൊണ്ട് നിത്യവുമാണ് സത്യവുമാണ് പിന്നെ അനിത്യത്വം അസത്യത്വം തദ്ദേശത്തത് അനിത്യുള്ളത് എവിടെയാണോ അനിത്യത്വമുള്ളത് എന്നുവെച്ചാൽ അസത്യത്വമുള്ളത് അത് അനിത്യമാണ് അനർത്ഥവുമാണ് അനിത്യത്വം ഉള്ളത് ആത്മഭിന്നമായിട്ടുള്ള എല്ലാം അനിത്യമാണ് അതിലെല്ലാം അനിത്യത്വമുണ്ട് അതുകൊണ്ട് അസത്യത്വം കൊണ്ട് എന്ത് വരുന്നു അതെല്ലാം അനിത്യമാണ് അസത്യമാണ് അപ്പം വരുന്നു പ്രത്യേകിച്ച് അനാസ്ഥാഹോചന അതിന് താൽപ്പര്യം ഇല്ലാതെ വരുന്നു ശ്രദ്ധയില്ലാതെ വരും അതിനാൾക്കാർ ആത്മാവിനോട് താല്പര്യം ഉണ്ടാകുന്നു അനാത്മാക്കളോട് താല്പര്യം ഉണ്ടാകുന്നു ഇതാണ് എന്റെ പ്രയോജനം മനസിലായോ അപ്പൊ ഇവിടെ ഭവനികാരം പുള്ളി പറയുന്നത് നിത്യം എന്ന് പറഞ്ഞാൽ സത്യമാണ് നിത്യവും സത്യവുമായെന്തോ അതിന് ശ്രദ്ധയുണ്ടാകുന്നു ഒരു ജിജ്ഞാസ അനിത്യം എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ് അതിന് ശ്രദ്ധയുണ്ടാകുന്നില്ല തദ്ദേശമാനേഷു യുഷ്മസ്മത് പ്രത്യയഗോചരേഷ വിഷയവിഷയുഹം നിത്യം സുഖം വ്യവസ്ഥപ്യ തോചരോ ഭവിഷ്യതി അനിത്യം അനൃതം ഭവിഷ്യതി താപത്രയപരീതം നിത്യവസ്തുക്കാ കണോ നിത്യശുദ്ധസ്പത്തി പൊതുവേ വേദാന്തത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അനുഭൂയമാനേശു തസ്മാതുകൊണ്ട് േേഷമാനേഷപ്പെടുന്ന ആദ്യം പറഞ്ഞ കാര്യം പറയണു പ്രത്യേക വിഷയവിഷയണോ തമ പ്രകാശവസ്വഭാവയോ ഇതരേതരഭാ സിദ്ധാ തധർമാതരാം ഇതരെതര ഭാതോ അസ്മത് പ്രത്യഗോചരേ ചിതാത്മകേ വിഷ്ണുപെടുത്തിയ വിപരീത പറഞ്ഞ ഓർമ്മയേണ്ട അധ്യാസവും പറഞ്ഞ അവിടുത്തെ വിഷയവിഷയികൾ വിഷയി ആത്മാവ് വിഷയം ബാക്കിയുള്ള എല്ലാം അപ്പോ ആ കാര്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് തേതേഷനുഭൂതിയു മനുഷ്യ അനുഭവപ്പെടുന്ന യുഷ്മസ്മത് പ്രത്യഗോചരേഷുപ്രത്യകരം ഇത് എന്നറിയുന്നവ അസ്മത് പ്രത്യേക ഗോചരം ഞാൻ എന്നറിയുന്നു രണ്ട് കാര്യങ്ങളാണ് ഭാഷകാരം നമ്മളീ മൊത്തം മനസ്സിലാക്കിയ ഒന്ന് ഞാനെന്നറിയുന്ന ഒന്ന് മറ്റൊന്ന് ഇതെന്നറിയുന്നു ഒന്ന് രണ്ടു കാര്യങ്ങളാണ് ഞാനെന്ന് അറിയുന്ന വിഷയമായിരിക്കുന്നത് ആത്മാവ് ഇത് എന്നുള്ള അറിവിന് വിഷയമായിരിക്കുന്നു അനാത്മാവ് ആത്മാവല്ലാത്ത ഈ രണ്ട് പദാർത്ഥങ്ങൾ അവിടെ ഉള്ളത് ആത്മാനാത്മവിവേകം എന്നൊക്കെ പറയണ്ട അതിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് പദാർത്ഥങ്ങളാവുന്നു ഞാനെന്നറിയുന്ന ആത്മാവ് ഇതെന്നറിയുന്ന വിഷയങ്ങൾ ഇവയിൽ ഏകദേശം അനുഭൂതിയെ മനുഷ്യന്ന് രണ്ടും നമ്മളെ അനുഭവം അനുഭവ അനുഭവത്തിന് വിഷയമാണ് അനുഭവമാണെന്ന് വെച്ചാൽ അനുഭവത്തിന് വിഷയം ആയിരിക്കുന്ന വിഷമ പ്രത്യേക വിഷയവിശേഷം നിത്യം സുഖം വ്യവസ്ഥാപ്യത ഏതൊന്നിനെയാണോ വ്രതമായി സത്യമായി നിത്യമായി സുഖമായി നിർണയിക്കപ്പെടുന്നത് വ്യവസ്ഥാപ്യത എന്നറിയുന്നത് നിശ്ചയിക്കുന്നത് അത് ആത്മാവിനെയാണ് ുഭവ വിഷയങ്ങളുള്ളതിൽ ഏതിനാണോ നിത്യമായും അറിയുന്നത് വ്യവസ്ഥാപനം ചെയ്യപ്പെടുന്ന ഭവിഷ്യതി തത് ആസ്ഥാഗോചരോ അത് ശ്രദ്ധയ്ക്ക് വിഷയമോ അതിന് ശ്രദ്ധിക്കും ആൾക്കാർ ആത്മാവിനെ എങ്ങനെ അറിയുന്നു നിത്യമായി അറിയുന്നു സത്യമായി അറിയുന്നു സുഖമായി അറിയുന്നു അപ്പം അതിന് ശ്രദ്ധയുണ്ടാവും ആസ്ഥയ്ക്ക് വിജയം ശ്രദ്ധയ്ക്ക് വിഷയമാകും അനിത്യം അനർദം ഭവിഷ്യത് ഏതെന്നാണോ അനിത്യമായും അസത്യമായും അസുഖമായും അറിയും ദുഃഖരൂപമായും അറിയും അനാത്മാവ് ആത്മഭിന്നമായും താപത്രയപരീതം താപത്രയത്തിൽ മുഴുകിയത് ആധ്യാത്മികം ആദ്യ ഭൗതികം അതിദൈവികം എന്ന് പറയുന്ന ഈ താപത്രയത്തിൽ മുഴുകിയത് തത്യക്ഷതയാണ് ഉപേക്ഷിക്കും നിത്യം സത്യം സുഖം അതിന് ശ്രദ്ധയുണ്ടാവും അനിത്യം അസത്യം ദുഃഖരവും അതിനുപേക്ഷിക്കും ഇതാണ് നിത്യനിത്യ വസ്തുവിവേകത്തിന്റെ അർത്ഥം സ്വയം നിത്യാനിത്യ വസ്തുവിവേക ഈ പറയുന്ന നിത്യാനിത്യ വസ്തുവികം സ്വയം പറഞ്ഞതായ ഈ വിവേകം പൂർവ്വജന്മത്തിൽ സംഭവിച്ചതായ അല്ലെങ്കിൽ അഹിത ഈ ജന്മത്തിൽ ഉള്ളതുമായ കർമ്മ കർമ്മം കൊണ്ട് വിശുദ്ധ സത്വസി അതൊക്കെ ശുദ്ധമായവന് ഭഗതി ഉണ്ടാകുന്നു എന്ത് നിത്യാനിത്യ വസ്തുവിനോ നിത്യാനിത്യവസ്തു ആർക്കുണ്ടാകുമെന്ന് പറയുന്നു ഒന്നുകിൽ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫല ഫലമായി ചിത്തശുദ്ധി ഉണ്ടായവന് നിത്യാനിത്യവസ്തുവുണ്ടാവും അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത ഐഹികം ഈ ജന്മത്തിൽ ചെയ്ത കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയുണ്ടായവന് നിത്യാനിത്യവസ്തുവുണ്ടാവും എങ്ങനെ ഉണ്ടാകുന്നു അനുഭവ ഉപപത്തിഭ്യാം ഈ വിവേകമുണ്ടാകുന്ന ഇങ്ങനെ അയാളുടെ അനുഭവം കൊണ്ടും അയാളുടെ ഉപപത്തിയുക്തി കൊണ്ടും റീസണിങ് രണ്ടും കൊണ്ടും അയാൾക്ക് വിവേകമുണ്ടാവും അയാൾ അനുഭവത്തെ അറിയുന്നു ആത്മാവ് നിത്യമാണ് സുഖമാണ് സത്യമാണ് പിന്നെ അയാള് അനുഭവത്തെ അറിയുന്നു ആത്മാവഴികളെയെല്ലാം അസത്യമാണ് ആനിത്യമാണ് ദുഃഖമാണ് യുക്തി കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നു അപ്പോൾ ഒരാൾക്ക് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അന്ധകരണശുദ്ധികൊണ്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ അന്ധകരണശുദ്ധികൊണ്ട് നിത്യാനിത്യ വസ്തുവേഗം ഉണ്ടാകുമെന്നാണ് ഭഗവതി തരം പറയുന്നത് ഇതാണ് നിത്യാനിദ് വസ്തു വേഗത്തിന്റെ വ്യാഖ്യാനം മനസ്സിലായോ അത് കഴിഞ്ഞു പിന്നെ ഈ നിത്യാനിത്യ വസ്തുവിവേകം ഉണ്ടായി കഴിഞ്ഞാൽ ഇഹാമ നിങ്ങളുടെ പുസ്തകത്തിൽ ഭാഷയത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നിത്യാനിത്യ വസ്തുവിവേക കഴിഞ്ഞെന്താ എഴുതിയിരിക്കുന്നു ഒന്നുകൂടെ ഇഹ ഇഹ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഇഹ അമിത്ര അർത്ഥ ഫലഭോഗ അവിടെയാണ് ഇതിന്റെ ഒരു ഉടക്ക് കിടക്കുന്നത് അതായത് ഭാമതികാരൻ ഈ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് ഭാഷ്യത്തിന്റെ പാഠം ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ എന്നാണ് ഫലമുണ്ടവിടെ നിങ്ങളുടെ പുസ്തകങ്ങളെ കൊടുത്തിരിക്കുന്ന ഭാമതിക്ക് അനുസരിച്ചുള്ള പാഠമാണ് ാനത്തിന് മുമ്പേ ഉള്ള വ്യാഖ്യാനം ആയിട്ട് കണക്കാക്കുന്നതാണേത് വിവരണം പഞ്ചവാതിക അതിന്റെ വ്യാഖ്യാനമായ വിവരണം പഞ്ചവാതിക വ്യാഖ്യാനം അനുസരിച്ച് ഭാഷ്യത്തിലെ പാഠം ഇഹ ആമൂത്ര മനസിലായോ ഇതിന് വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ ഭാമതികാരം പറയുന്ന അനുസരിച്ച് യുഹ അമുത്ര അർത്ഥ ഭോഗവിരാഗമാണ് വിവരണ അല്ലെങ്കിൽ പഞ്ചപാതിക അനുസരിച്ച് പാഠം എന്ന് പറയുന്നത് യുഹ അമുത്ര അർത്ഥ ഫലഭോഗം നിത്യാനിത്യ വസ്തു വിഷ്യകാരം പറയുമ്പോ ഭാഷകാരൻ ഈ ഭാമധികാരം പറഞ്ഞ അർത്ഥമൊന്നും അവിടെ ഇല്ല ഭാമധികാരം പറയുന്ന എന്താണ് നിത്യ അനിത്യോർ വസതി നിത്യാനിത്യ വസ്തു ധർമ്മം നിത്യാനിത്യ വസ്തുപറഞ്ഞാ നിത്യത്തിലും അനിത്യത്തിലുമുള്ള ധർമ്മം ഒന്നാണ് ഭാമധികാരം വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ എഴുതുമ്പോൾ അങ്ങനെ ഒരർത്ഥമല്ല അവിടെ എന്താണ് നിത്യാനിത്യവസ്തുവെന്ന് പറഞ്ഞാൽ വസ്തുവെന്ന് പറയുന്ന ശബ്ദത്തിന് നിത്യത്തോടെ അന്വയിക്കുന്നു അപ്പൊ നിത്യവസ്തു അനിത്യവസ്തു ഇതിന്റെ വിവേകമൊന്നാണ് അതിന്റെ വേർതിരിച്ചുള്ള ഇതാണ് ഭാഷ ഭാഷ്യത്തിന്റെ അർത്ഥം ഭാവധികാരം പറഞ്ഞല്ല വസ്തു എന്ന് പറയുന്ന ആ ശബ്ദത്തിന് മറ്റു രണ്ട് ശബ്ദങ്ങളോടെ അന്വയിക്കണം ദ്വന്വത്തിന്റെ അവസാനം വരുന്ന പദമാണ് ദ്വന്ദ് ശ്രൂയമാണം പദം പ്രത്യേകം അഭിസംബന്ധത വ്യാകരണത്തിന്റെ നിയമമാണ് ദ്വന്ദ് അവസാനം ഒരു പദം വന്നത് ഓരോന്നുകൂടെ അന്വയിക്കണ് അപ്പോൾ നിത്യവസ്തു അനിത്യവസ്തു അവയുടെ വിവേകം ഇതാണ് ഭാഷകാരന്റെ അർത്ഥം പാവതികാരം പറയുന്നത് എന്താണ് നിത്യവസ്തു എന്ന് പറഞ്ഞാൽ നിത്യത്തിലിരിക്കുന്ന ധർമ്മം അനിത്യവസ്തു പറഞ്ഞാണ് അനിത്യത്തിലിരിക്കുന്ന ധർമ്മം അപ്പൊ ആ ധർമ്മധർമ്മികളുടെ വിവേകം ഒന്ന് മാറ്റി മനസിലായോ പിന്നെ നിത്യം എന്ന് പറയുന്നത് പാവതികാരാർത്ഥം പറഞ്ഞ എന്താണ് നിത്യം സത്യം സുഖം മൂന്നർത്ഥം അനിത്യത്തിന് എന്താർത്ഥം പറഞ്ഞു അനിത്യം അസത്യം താപത്രയപരീതം മൂന്ന് ദുഃഖത്തോട് കൂടിയത് ഇങ്ങനെയല്ല അതായത് ഇപ്പൊ നിത്യം ബ്രഹ്മത്തെ പറയും പറയും ബ്രഹ്മം നിത്യവുമാണ് സത്യവുമാണ് സുഖവുമാണ് അത് ശരിയാർക്കൊന്നുമില്ല പക്ഷെ നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിത്യം എന്ന് സാറിന് പറഞ്ഞു കഴിഞ്ഞാല് വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ പുസ്തകത്തെ എടുക്കുക പുസ്തകം എന്ന് പറയുന്നത് അനിത്യമാണ് നിത്യമുണ്ട് ആത്മാവിന് മാത്രം നിത്യമായിട്ട് എടുത്താൽ മതി പുസ്തകം ഇനി പുസ്തകം അസത്യമാണോ ആണോ എന്തുകൊണ്ടല്ലോ അതായത് ഇവിടെയാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി പറയും അസത്യംന്ന് പറഞ്ഞ മിഥ്യ മനസിലായ മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അസത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നശിച്ചു പോകുന്നു പ്രസ്തവം അസത്യമാണെന്നില്ല നശിച്ചുപോകുന്നു അത് അതിന്റെ നിർവചനം നിർവേചന അതായത് മിഥ്യ സത്യതും ഭിന്നായിട്ടുള്ളത് മിഥ്യത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മിഥ്യ എന്ന് പറയുന്നതിന് എന്താണ് അതിന് കൊടുക്കുന്ന ഒരു നിർവചനമാണ് എന്ത് സദശണമുണ്ട് അങ്ങനെ ഭാഷകാലം പറയും സത് അസഭ്യം അനുവചനീയ അനുവചനീയ സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയാത്തത് പക്ഷെ അദ്വൈതികൾ തന്നെ എന്താണ് അസത്യം എന്ന് പറയുന്നത് മിഥ്യ എന്നർത്ഥം പറയും മിഥ്യയുടെ പര്യായ പദമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് അസത്യം അദ്വൈതികൾ തന്നെ അദ്വൈതി ഒക്കെ അസത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മിഥ്യെന്നാണ് മിഥ്യ നിർവചിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് പക്ഷെ അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം അസത്യം എന്ന് പറയുന്നതിന് മിഥ്യ എന്നൊരു അർത്ഥമുണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അസത്യം എന്ന് പറഞ്ഞാൽ നശിച്ചുപോകുന്ന അർത്ഥം ഇതാണ് ഒരു പ്രധാനമായ വ്യത്യാസം ഈ അസത്യം എന്ന് പറഞ്ഞാൽ സത്യമെല്ലാം നശിച്ചുപോകുന്നത് എന്നുള്ള ഒരർത്ഥം എല്ലാവരും സ്വീകരിക്കുന്നതാണ് പക്ഷെ അസത്യത്തിന് അദ്വൈതി മിഥ്യ എന്ന നടത്തം സ്വീകരിക്കും എന്തുകൊണ്ടാണ് അതുകൊണ്ടല്ല നമുക്ക് സത്യം എന്ന് പറഞ്ഞാ ആത്മാവ് സത്യം എന്ന് പറഞ്ഞ ആത്മാവ് അസത്യം എന്ന് പറഞ്ഞ അർത്ഥം അസത്യം അല്ലാത്തത് സത്യം അല്ലാത്തതൊക്കെ എന്തായി മിഥ്യായ പ്രത്യേകം മനസ്സിലാക്കണം അദ്വൈതയുടെ ഏതൊക്കെയാണോ സത്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് നസത്യം അസത്യം എന്നുവെച്ചാൽ സത്യ ഭിന്നമായത് അസത്യം അപ്പൊ അസത്യം ഏതാണ് അനാത്മാവിനെയൊക്കെ അദ്വൈതകൾ എന്താ പറയുന്നത് മിഥ്യ അപ്പൊ അസത്യത്തിന് മിഥ്യ എന്ന അർത്ഥം മനസ്സിലായോ അപ്പോ അദ്വൈതത്തിന്റെ അസത്യത്തിന് മിഥ്യ എന്നൊരു അർത്ഥം വരുന്നത് എങ്ങനെയാണ് സത്യ ഭിന്നമായതല്ല അസത്യം അസത്യമായതല്ല മിഥ്യ മറ്റേ വേറൊരു നിർവചനമാണ് ആ രീതിയില് അദ്വൈതി അസത്യം എന്ന് പറഞ്ഞാല് മിഥ്യ എന്ന് അർത്ഥം വരും പക്ഷെ മറ്റുള്ളവരൊക്കെ അസത്യം എന്ന് പറഞ്ഞാൽ നശിച്ചുപോകുന്നതെന്നേ അർത്ഥം വരത്തു ഭാഷയാകാരൻ ഇവിടെ സത്യ അസത്യ വസ്തുവെന്നല്ല പറഞ്ഞത് പിന്നെങ്ങനെ നിത്യ അനിത്യവസ്തു വലിയ വ്യത്യാസമുണ്ട് മനസിലായ സത്യ അസത്യവസ്തുയുഹം എന്ന് പറഞ്ഞ നിത്യ അനിത്യവസ്തുഗമെന്ന് പറഞ്ഞത് അപ്പൊ നിത്യം എന്താണെന്നുള്ളതിന് ആർക്കും സംശയമില്ല എന്താണ് ആത്മാവ് അനിത്യം എന്ന് പറഞ്ഞാലോ അവിടെ അസത്യവും നൃത്തം വരും അനിത്യം എന്ന് പറഞ്ഞാൽ നശിച്ചുപോകുന്നത് അപ്പൊ നശിച്ചുപോകുന്നത് എന്താണ് ഇവിടെ എന്താണ് ഭാഷകാരം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഭാഷകാരം പറയുന്നത് പ്രധാനമായിട്ടും കർമ്മഫലങ്ങൾ ആത്മാവ് നിത്യമാണ് കർമ്മഫലങ്ങളെല്ലാം കർമ്മവും നിത്യം തന്നെ പ്രപഞ്ചമെല്ലാം നിത്യം തന്നെ പക്ഷെ ഈ സന്ദർഭത്തിൽ നിത്യാനിത്യവസ്തു തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ ആത്മാവിനെ നിത്യമായിട്ട് അറിയണം അതുകൊണ്ട് ആത്മാവിന് ശ്രദ്ധയുണ്ടാകണം കർമ്മഫലങ്ങളെയെല്ലാം അനിത്യമായിട്ടറിയോ അപ്പൊ അതീ താല്പര്യം ഉണ്ടാകരുത് ഇതാണ് ഭാഷകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാഷകാരൻ ഇവിടെ നിത്യാനിത്യ വസ്തുവിയോഗം എന്നാണ് പറഞ്ഞത് അല്ല സത്യസത്യ വസ്തുവിയോഗം നല്ല അങ്ങനെയാണ് പറയണെങ്കിൽ പാവതികാരന്റെ വ്യക്തിയാനം ശെരിയാവും മനസിലായു ഭാവതികാരൻ നിത്യത്തിനെന്താ പറഞ്ഞു സത്യവും അനിത്യത്തിനെന്താർത്ഥം പറഞ്ഞു അസത്യു മിച്ച മിഥ്യാണ് അതെല്ലാ ഭാഷകാരും പറയും അതിനടുത്ത് പറയുന്ന ഇഹ അമുരാഗം എന്നിട്ട് ഫലഭോഗത്തിലാണ് വിരക്തി ഉണ്ടാകുന്നത് ഇഹ ഈ ലോകത്തിലുള്ള ഫലങ്ങളിലും പരലോകത്തിലുള്ള ഫലങ്ങളിലും രാഗമില്ലാതിരിക്കണമെന്നാണ് പറയുന്നത് സത്യ മിഥ്യയെ കുറിച്ചല്ല പറയും കർമ്മഫലങ്ങളിൽ രാഗമില്ലാതിരിക്കുക അതിന്റെ അനുഭവത്തിൽ രാഗമില്ലാതിരിക്കും അപ്പോ ഈ നിത്യം എന്ന് പറയുന്നതിന് ഭാവനീകാര സത്യം എന്നൊരു അർത്ഥവും അനിത്യം എന്ന് പറയുന്നതിന് അസത്യം എന്നൊരർത്ഥമെടുത്ത് അങ്ങനെ പോയപ്പോണത് കർമ്മം നിത്യം എന്ന് പറയുന്നത് അത് കർമ്മങ്ങള് നാലായി തിരിച്ചു തരുന്ന ഒരു കർമ്മം എന്നും ചെയ്യേണ്ട കർമ്മം എന്നതിനർത്ഥം നിത്യകർമ്മം എന്ന് ചോദിച്ചാൽ മരണം വരെ ചെയ്യേണ്ട കർമ്മം കർമ്മം നിത്യം എന്നുള്ള അർത്ഥത്തിലല്ല എന്നും ചെയ്യണം നിത്യം അനുഷ്ഠിക്കേണ്ട അഗ്നിഹോത്രം ജുഹ അഗ്നിഹോത്രം ജു ഒരു വാക്യു അഗ്നിഹോത്രം ജുഹോദി എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം അനുഷ്ഠിക്കണം ആ ക്ഷത്രിയേനും അതൊക്കെ പിന്നെ സ്മൃതികളി വ്യാഖ്യാനി ക്ഷത്രിയേന എന്ത് ചെയ്യണം എല്ലാ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടേ ഇങ്ങനെന്തുകൊണ്ട് ഗ്രാമനെ രക്ഷിക്കുക ഗ്രാമം എഴുതി വെച്ചാണ് പുരോഹിത എഴുതി വെച്ചാണ് ഇടോ നിന്റെ ജോലി ചെയ്താണെങ്കിലും യുദ്ധം ചെയ്യുക എന്ന് ഞങ്ങളെ സംരക്ഷിക്കുക അത് സാധാരണ അദ്വീതിയോട് പറയുന്ന നിർവചനം അദ്വൈതത്തിന്റെ നിർവചനം വിദ്യാർത്ഥികളുടെ സാധാരണത്തിൽ പറയുന്ന കാര്യമില്ല ഓരോ കാര്യങ്ങളും നമ്മൾ സന്ദർഭമനുസരിച്ച് മനസ്സിലാവും വിഷയം ഇവിടെ ഇപ്പം നിത്യാനിത്യവസ്തുവയോന്നു കഴിഞ്ഞാൽ ഭാഷകാരൻ എന്താണ് വിവക്ഷിച്ചത് ബാമലികാരൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചു എന്നുള്ളത് ആത്മാവിനും നിത്യമായിട്ടും കർമ്മഫലങ്ങളെ അനിത്യമായി ഇതിനെ തിരിച്ചറിയണമെന്നാണ് പറഞ്ഞത് മനസിലായ ആത്മാവ് നിത്യമാണ് എന്നറിഞ്ഞ് അതുകൊണ്ട് ഇനി ആത്മാവിനെ കുറിച്ചൊന്നും അറിയാനില്ല അങ്ങനെയൊന്നും അതിനൊരു അർത്ഥമേയില്ല ഗവദികാരൻ പറയുന്ന ഒരു ദോഷം ഇവിടെയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടില്ല ഭാമതികാരം ഇവിടെ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നതിന് ഒരുപാട് കോട്ടത്തരങ്ങളും ആത്മാവ് നിത്യമാണെന്നറിയുന്നു കർമ്മഫല ആനത്യമാണെന്നറിഞ്ഞു ഇനി വിചാരം ചെയ്യാനില്ലെന്ന് പറയുന്നത് വലിയ അവസ്ഥ എന്തുകൊണ്ടാണ് കാരണം ആത്മാവ് നിത്യമാണെന്ന് പറയുന്നത് ഈ അദ്വീതി മാത്രമാണ് ണാകൻ പറയുന്നു ആത്മാവ് ഗൗരവൻ പറയുന്നു ആത്മാവ് ആത്മാവ് നിത്യം പറയുകയാണ് ഒരുപാട് പേര് പറയുന്ന ഒരാശയമാണ് കർമ്മഫലം അനിത്യം അത് ഇവരെല്ലാരും പറയുന്ന കാര്യമാണ് ഇതറിഞ്ഞു വിചാരിച്ച് ആത്മവിചാരം ആവശ്യമില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് ഇവർക്ക് അറിയുന്നവരെയാണ് വീണ്ടും എന്ത് ചെയ്യണം ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനത്തിനുവേണ്ടി ആത്മാവിനെ കുറിച്ച് വിചാരം ചെയ്യണമെന്നാണ് പക്ഷികാരൻ പറയും അപ്പൊ നിത്യാനിത്യ വസ്തു വിവേഗം ഇവർക്കെല്ലാവർക്കും ഉണ്ടാവുക ആർക്കും അനാഥനും ഉപനമനും ജൈമിനിക്കും കഥലനും എല്ലാവർക്കും ഉണ്ടാവാം പക്ഷെ ആത്മാവിനെ കുറിച്ച് ശരിക്കറിയണമെങ്കിൽ വേണം ഇവിടെ ഭാഗതീകാരം പറയുന്നത് ആത്മവിചാരം ഭാഷകാരം പറയുന്ന ആത്മവിചാരം ചെയ്യണമെന്ന് ഇതാണ് ഭാഷ്യകാനുദ്ദേശിക്കുന്നത് മനസ്സിലായത് ലൈഫ് പറയുന്ന സാമാന്യജ്ഞാനം ആപാതജ്ഞാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല അത് ഈ കാര്യം മനസ്സിലാക്കാതെ കോട്ടന്മാർ പഠിപ്പിക്കുന്നതാണ് സംഗതി മനസ്സിലായത് ആത്മാവ് നിത്യമാണെന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇവരെല്ലാവരും ചെയ്യണം ഇനി ആത്മവിചാരം ചെയ്യണം എന്തിന് ആത്മാവിന് ശരിയായ ജ്ഞാനത്തിന് വേണ്ടി ആത്മാവ് നിത്യം എന്നറിഞ്ഞുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവത്തില്ല നിത്യം എന്നറിഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടായ വിചാരം ചെയ്യണ്ട ആത്മാവ് നിത്യമാണെന്നറിഞ്ഞ ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാവും ഉണ്ടാവുമെങ്കിൽ പ്രണാദനും ഗൌതമനും കപലിനുമൊക്കെ ആത്മജ്ഞാനം ആത്മജ്ഞാന ശങ്കരായർ അംഗീകരിക്കും അവരുടെ ആരും ജ്ഞാനത്തിൽ ശങ്കരായത്മജ്ഞാനമായിട്ട് ശരിയായ ആത്മജ്ഞാനം അംഗീകരിക്ക കപിലെന്ന് വെച്ചാൽ സംഖ്യത്തിന്റെ ആചാര്യം കണാദനെന്ന് പറഞ്ഞാൽ വൈശേഷികത്തിന്റെ ആചാര്യം ബോധം എന്ന് വെച്ചാൽ ന്യായത്തിന്റെ ആചാര്യം ഇവരെല്ലാം ഋഷിമാരും ആചാര്യന്മാരാണ് ഇവരെല്ലാം പറയുന്നത് എന്താണ് ആത്മാവും നിത്യമാണ് അപ്പൊ അവർക്ക് ആത്മജ്ഞാനികളാണ് ശങ്കരായർ അംഗീകരിക്കും ഇല്ല ഇവരെല്ലാം പറയുന്നത് എന്താണ് കമ്മഫലം അനിത്യമാണ് വിളിക്കും അപ്പോ ശങ്കരായര് പറയുന്നത് വളരെ കറക്റ്റായിട്ടാ പറയുന്നു നിത്യാനിത്യ വസ്തുവയോഗം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആത്മവിചാരം അപ്പൊ ആത്മാവ് നിത്യമാണെന്നറിഞ്ഞുകൊണ്ട് അത് യഥാർത്ഥത്തിന് ഞാനാകത്തില്ല അതാര്ക്കും ഉണ്ടാകാമെന്ന് മനസിലായ ഇതാണ് ഭാഷകാരൻ ഈ പറയുന്നത് അല്ല ബാക്കി ഈ പറയുന്ന എല്ലാം പൊട്ടത്തളുകളാണ് യോഗികളും പറയും എന്താണ് ആത്മാവ് നിത്യം അവര് ഇവിടെ ബ്രഹ്മസൂത്രം വിചാരം ചെയ്യണം ഇതിന് അദ്വൈതജ്ഞാനത്തിനുവേണ്ടി ആത്മാവിന് നിത്യവും നിറഞ്ഞാൽ പോരാ സത്യവും നിറഞ്ഞാൽ പോരാ മുക്തവും നിറഞ്ഞാ പോരാ ആത്മാവിന് താനം എന്നറിയണം അങ്ങനെ ആത്മാവിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാറുണ്ട് അതിനുവേണ്ടി ബ്രഹ്മവിചാരം ചെയ്താൽ പിന്നെ കർമ്മഫലങ്ങൾ അനിത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് ശരിയാണ് എന്തിന് അതിനോട് കർമ്മഫലങ്ങളോട് രാഗമുണ്ടാവാത്തില്ല ശരിയാണ് അതുകൊണ്ട് ഭാവതികാരൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ തന്റെ അതിവ്യാഖ്യാനത്തിന് വേണ്ടി എഴുതിയായിരിക്കും അല്ലെങ്കിൽ ഭാഷയം മനസ്സിലാകാതെ എന്നാണ് എന്റെ അഭിപ്രായം രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചില്ല രണ്ടിലേതായാലും വ്യാഖ്യാനം ഇവിടെ അനാവശ്യമാണ് അതിവ്യാഖ്യാനമാണ് മനസിലായ വിദ്യാലിറ്റിയ വസ്തുതത്തിൽ ഇത്രേം മനസ്സിലാക്കു എന്താണ് ആത്മാവ് നിത്യമാണ് കർമ്മഫലങ്ങൾ നിത്യമാണ് അതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവണം സന്യസിക്കണം ബ്രഹ്മവിചാരം ചെയ്യണം കർമ്മങ്ങൾ ഉപേക്ഷിക്കണം ബ്രഹ്മവിചാരം ചെയ്യും ഇതാണ് ഭാഷകാരന്റെ താല്പര്യം അല്ല ബാക്കി പറയുന്ന എന്താണ് ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ എന്തിനു വിചാരം ചെയ്യണമെന്നൊക്കെ പറയുന്നത് വെറും പൊട്ട ചോദ്യങ്ങളും അതിന് പറയുന്ന മറുപടികളല്ല അതിനും വലിയ പൊട്ടന്മാർ പറയുന്ന മറുപടികളും അത് യാതൊരു പ്രസക്തി ഇത്തരം കാര്യങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല പാവധികാരം പറഞ്ഞെന്താണ് ആത്മാവിനെ അറിഞ്ഞു കൃതം തസ്യ ജിജ്ഞാസായ പിന്നെ ജിജ്ഞാസ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞത് വെറും പൊട്ടത്തരാണ് അത്തരം കാര്യങ്ങളൊന്നും കൂടെ ചർച്ചയുടെ ആവശ്യമേ ഭാഷമനുസരിച്ച് ഇതുപോലെ ചില സന്ദർഭങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ചില സന്ദർഭങ്ങളിൽ വരും ഭാഷ്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വ്യാഖ്യാനിക്കുക ഭവനികാരന്റെ ഒരു ശൈലിയാണ് പണ്ഡിതനാണ് അങ്ങനെയൊന്നും സംശയമില്ല പ്രയോജനപ്പെടാൻ പറ്റി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും നമുക്ക് എന്താ പറയുക ഏഹ് തെറ്റാ ഇത് ഇങ്ങനെ തെറ്റാണെന്ന് നമുക്ക് ഭാഷകാരൻ്റെ അതിപ്പോ നമ്മള് നമ്മളെ ഡിബേറ്റിന്റെ പോസിബിലിറ്റീസ് നമ്മള് വർക്കല്ണ്ടേ ചോദിക്കാണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ടത് എങ്ങോട്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് വഴി പറഞ്ഞുകൊടുക്കുന്നു എന്താണോ നമ്മുടെ താല്പര്യം എന്ന് വെച്ചാൽ ഇപ്പം കൊല്ലത്ത് പോയി കറങ്ങി തിരിഞ്ഞ് അവസാനം തിരുവനന്തപുരത്ത് ഇട്ടെന്ന് പറയുന്നവരെ അവന്റെ തലക്കിട്ടിട്ട് തല്ലു അടി കൊടുക്കും അവനെന്താ ചെയ്യുന്നത് തിരുവനന്തപുരത്തേക്ക് വഴി ഒഴിച്ച വഴി പറഞ്ഞു കൊടുക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണോ ഓണസ്റ്റി ഇല്ല എന്ന് പറയുന്നത് ഇതാണ് ഈ പദ്ധതി പഠിക്കുന്നമാരെല്ലാം തലതിരിഞ്ഞ് ഭക്ഷണന്മാരായി പോകുന്നു ഇവരുടെ മനസ്സിലെ തലതിരിഞ്ഞ ആശയങ്ങളെ വരുത്തണം ഒരിക്കലും നേരെയാവത്തില്ല കുറുക്കെട്ടായി ചിന്തിക്കാനുള്ള ഒരു പ്രേരണ വരും ഇല്ലേ അങ്ങനെ ചിന്തിക്കാൻ അദ്വൈതം പഠിക്കുന്നവർക്കൊരു പ്രേരണ വരും നേരെ ചിന്തിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്ന് വഴി ചോദിക്കും തിരുവനന്തപുരം നമ്മൾ കൊല്ലത്തോട്ടുള്ള വഴി കാണിച്ചോണ്ട് എന്നിട്ട് നമ്മൾ പറയണം അവൻ പോയി കൊല്ലത്ത് പോയി കറങ്ങി വന്നാൽ അവൻ നന്നാവും ഈ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ അതുപോലെയാണ് ഒരു കാര്യം എഴുതി വച്ചിരിക്കുമ്പോ അതിന്റെ നേരിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാതെ വേറെയൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ വേണ്ടാത്ത അർത്ഥമൊക്കെ പഠിച്ചിട്ട് അവസാനം നമ്മൾ നല്ല അർത്ഥം മനസ്സിലാക്കുമെന്ന് പറയും അതെന്താ ആ പറയുന്ന ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തി ഇനി അയാൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളെ പോലെ ക്രൂക്കട്ടായിട്ടുള്ളവരത്തെ ലോകത്ത് വേറെ ഇല്ല ഉണ്ടോ ഈ ഡിബേറ്റ് എന്ന് പറയുന്ന ക്രൂക്കട്ട്നെസ് അല്ല അതിലെന്ത് വേണം ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വേണം അത് സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും അതിൽ പ്രിസിഷൻ വേണം പ്രിസൈസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനായിരിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരായിട്ട് ചുറ്റിക്കേണ്ട യാതൊരു കാര്യ അപ്പോ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത് അറിയാത്തെയുള്ള ചെയ്തതെന്ന് എനിക്കറിയില്ല ആവശ്യമില്ലാത്ത വയ്ക്കാനാണ് നിത്യാനിത്യോർ വസതി നിത്യാനിത്യ വസ്തു തയോ വി ആവശ്യമില്ല നിത്യവസ്തു എന്താണ് അനിത്യവസ്തു എന്താണെന്ന് വേദിച്ചറിയും അതൊരു യോഗ്യതയാണ് ആത്മാവൻ നിത്യം എന്നറിയുന്നു കർമ്മഫലാനിത്യം എന്നറിയുന്നു അപ്പം അവന് ബ്രഹ്മവിചാരം ചെയ്യാനുള്ള യോഗ്യത സിമ്പിളായ കാര്യ അതുകൊണ്ട് നിന്നെ ബ്രഹ്മവിചാരം ചെയ്യണ്ടെന്നുള്ള ഇവിടെ അങ്ങനെ ഒരു അർത്ഥമേ വരുന്നില്ലല്ലോ ആത്മാവ് നിത്യം പറഞ്ഞാൽ ആത്മാവനെ മുഴുവനായിട്ട് അറിഞ്ഞ അറിഞ്ഞില്ലല്ലോ നിത്യം തന്നെ അറിഞ്ഞു അതാരെല്ലാം അറിയുന്നു അദ്വൈതം മാത്രമല്ലല്ലോ അതാണോ അദ്വൈതം ഞാനും ആത്മാവിനെ ഒരുപാട് അതിനെ കുറിച്ച് അറിയാണ്ട് അതിനെ താനെന്നൂടെ അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമായിട്ടെടുത്ത് പഠിപ്പിക്കും ബ്രഹ്മസൂത്രം പഠിപ്പി പഠിച്ചിട്ടുണ്ടവിടൊക്കെ പറയുന്നത് അതി തന്നെ അവിടെ ചോദിക്കും എന്താണ് നിത്യാനിത്യ വസ്തുവയോഗം നിത്യം ആത്മാവിനെ നിത്യം എന്ന് അറിഞ്ഞു ഇനിയൊന്നും അറിയാനില്ലല്ലോ പിന്നെ ഇനി എന്തിനാ ജലാപ്പാവിന് പറയുന്നത് സാമാന്യമായി അറിയാൻ എന്തോ സാമാന്യ നിത്യം എന്ന് പറയുന്നത് ശരിയായി തന്നെ അറിയുന്നതാണ് സാമാന്യജ്ഞാനല്ല യഥാർത്ഥ ജ്ഞാനമാണ് അത് ആത്മാവ് നിത്യം എന്നറിയുന്നു പക്ഷേ വീണ്ടും അറിയാൻ ബാക്കി ഇടക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് വിചാരം ചെയ്യുന്നത് നിത്യം എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെയാണെങ്കിൽ ഗോതമനും കണാദനും എല്ലാവരും ആത്മജ്ഞാനികളാണ് മനസ്സിലായ അതുകൊണ്ട് ആത്മാവിന് നിത്യം എന്നറിയുന്നത് യഥാർത്ഥ ജ്ഞാനമാണ് പൂർണ്ണ ജ്ഞാനമാണ് പക്ഷെ ആത്മാവിന്റെ സംബന്ധിച്ച് അത് പോരാ അതുകൊണ്ടാണ് വിചാരം ചെയ്യുന്നത് ആത്മാവിനെ താനായിട്ടഴിയും അങ്ങനെ പലതും പലതും അറിയാനുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ആപാതജ്ഞാനം അല്ല നിത്യാനിത്യ വസ്തുവെന്ന് പറയുന്നടുത്ത് ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് പറയുന്നത് അത് പൂർണമല്ലെന്നാണ് മനസിലായ ഇനിയെങ്കിലും മനസിലാക്കണം പൂർണമ പൂർണ്ണമ പൂർണ പൂർണ്ണമേ പൂർണ്ണ പൂർണ്ണമാർമേവാശിഷ്യേ ശാതി ശാന്തി ശാന്തി